സംസാര സ്വയം കലാ പൗരുഷം ആ ചർക്ക സംസാരമാകുന്ന ഗഹനതയുന്ന സ്വയം തന്റെ പ്രയത്നം ഉപയോഗിച്ച് രക്ഷപ്പെടണം ഈ സംസ്കാരത്തിൽ രക്ഷപ്പെടണം അത് പൗരുഷമാസും പൗരുഷമാകുന്ന പ്രയത്നങ്ങൾ സ്വകർമ്മം അനുഭവം ഹരിതയുമായി പഠിച്ചതാകും മനുഷ്യൻ സഹത പഠിക്കാൻ കട കൂടു കൂടുതവർ രക്ഷപ്പെടണം അതുപോലെ സംസാരമാകുന്നു ഈ ബന്ധനത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം സ്വന്തം പ്രേമത്തിന് സഹായത്താൻ സ്വയം രക്ഷപ്പെടുന്ന പ്രത്യഹം പ്രത്യപേക്ഷയിലെ പശ്ചിത്തുല്യം േ സത്പുരുഷോചിതം ആത്മനശ്വരം പ്രത്യഹം പ്രത്യപേക്ഷേത്രേഹം നശ്വരം പ്രത്യേക്ഷേതൻ തൻ്റെ ശ്വരമാണ് എന്നുള്ള കാര്യം ദേഹം നശ്വരം പ്രത്യപേക്ഷയിൽ പ്രത്യേകം ദേഹം നശ്വരമാണെന്നുള്ള കാര്യം പ്രത്യഹം പ്രതിദിനം എന്ന് വെച്ചാൽ നിരന്തരം മനസ്സിലാക്കിയിട്ടില്ല പ്രതിദിനം എന്ന് പറഞ്ഞ സദാ പ്രതിദിനം ഇവിടെ സത് എപ്പോൾ അഹസ് അഹസ് സന്ധ്യെ സന്ധ്യയെ പശുഭിത്തുല്യം ദേഹം നശ്വരമാക്കുന്ന സന്ധ്യയെ പശുഭിത്തുല്യം ചെറിയ സത്പുരുഷോചം പശുഭിത്തുല്യം സന്ധ്യെ തുല്യത തുല്യത പശു തുല്യതയെ മൃത ശരീരം നശ്വരമാണോ നശിച്ചു പോകുന്നു മൃഗങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് പശു തുല്യതയെ സിദ്ധിച്ച് ആ മൃഗ തുല്യമായ ജീവിതത്തെ ഉപേക്ഷിക്കേണ്ട എന്റെ നിശ്ചയതെല്ലാം മനസ്സിലാക്കണം ശരീരം സത്പുരുഷോചിതമാണ് സത്പുരുഷന്മാർക്ക് ഉചിതമായിരിക്കുന്ന ഇതിനെ സ്വീകരിക്കണമെന്നില്ല പുരുഷ പ്രയത്നത്തെ എന്നിട്ട് ഈ സംസാരത്തെ മോചിക്കണം കാര്യങ്ങളാണ് അലിനം ഓവണം നടപ്പമായി എന്താണെന്ന് കാന്ത പത്നി അന്നപാനാതി അന്നപാനാദികളാൽ കലീലമായിരിക്കുന്ന മിശ്രമായിരിക്കുന്ന കോമളം അല്ലേ വീട് നിന്നൊരു ആധാർ ഹസ്തി ജീവിതം അതിനുദ്ദേശിച്ച് പറയുന്നു അവിടെ എന്താ പത്നിയുണ്ട് കോമളമാണ് അത് മനോഹരമാണ് അങ്ങനെയുള്ള ആ ഗൃഹത്തെ ആ ജീവിതത്തിൽ യേശുനെ ആസ്വാദിക്കുക വ്രണയിൽ കീഴടക്കുക വൃണ്ണത്തിൽ കീടാവുന്നതുപോലെ അതിനെ ആസ്വദിച്ചിട്ട് വയക്കാരിന്ന ഭസ്മ ആയുസിനെ ഭസ്മസാ കാര്യം ആയുസിനെ ഭസ്മമാക്കരുത് നശിപ്പിച്ചുകളും കാരണം ഇതെല്ലാംപാലാടി മിശ്രമായിരിക്കുന്ന ഈ ജീവിതം അപ്പോ കാന്ത അന്നപാനാദികളുടെ ജീവിതമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ കാന്ത എന്നുള്ള സ്ഥിരം ഉപയോഗിക്കൊണ്ടിരുന്നത് പുരുഷനോട് പറയുകയാണ് പ്രത്യേകിച്ച് കൃഷ്ണനാണ് അപ്പോ ആ പുരുഷനെ സംബന്ധിച്ച് എന്താണ് അവന്റെ ചിന്തകൾ സദാ ചുറ്റിയിരിക്കുന്ന ഗ്രഹസ്ഥ ഗ്രഹത്തെ സംബന്ധിച്ചാണ് അതാണ് അവൻ്റെ ജീവിതം അതിൽ പ്രധാനമായി വരുന്നതാണ് കാമ അന്ന അതുകൊണ്ട് മിശ്രമായിരിക്കുന്ന യഥാദേ മോഹകനം ബുദ്ധരും മോഹകനം മോഹത്താൻ മിശ്രമായിരിക്കുന്ന ബുദ്ധി ഗീലും പറയുന്നു അതുപോലെ നൂടെയും പറഞ്ഞിരിക്കും അപ്പോൾ പുരുഷനോട് പറയുന്നതുകൊണ്ടാണോ അവിടെ സ്ത്രീയെ ശത്രുപക്ഷത്ത് വളർത്തുന്നത് നമ്മുടെ അധ്യാത്മിക ശാസ്ത്രങ്ങളിൽ മിക്കവാറും എല്ലാം പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും പരാമർശിക്കുന്നു പുരുഷനെ പരാമർശിക്കുന്ന പുരുഷനെ വേണ്ടി പറയുമ്പം പോലെ സ്ത്രീയെല്ലാം വളരെ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് സ്ത്രീ അഭിസംബോധനയും ചുറ്റും പറയുന്ന ആത്മീയോപദേശങ്ങൾ കെട്ടും എല്ലാം ഞാൻ പറയുന്നു പരമശിവൻ ദേവിയോട് പറയുന്നു അങ്ങനെയൊക്കെ വരും പക്ഷെ അങ്ങനെ വരുന്നിടത്തും വിഷയങ്ങളിലേക്ക് വരുമ്പോ എന്താണ് അവിടെയും ഇത് തന്നെ പറയും എന്താണ് കാന്തയെ സ്വത്തുവായിട്ട് പറയും സ്ത്രീയെ ശത്രുമായിട്ട് പറയും പുരുഷൻ മറിച്ച് അവിടെ പോലും കാണാൻ പറ്റില്ല എന്താണ് സ്ത്രീയുടെ ശത്രുഷൻ പറയുന്ന ഒരു ഭാഗം ഒരിക്കലും കാണുന്നത് സ്ത്രീയുടെ ശത്രുപുരുഷൻ സ്ത്രീക്ക് അങ്ങനെ നേരിട്ടൊരാത്മീയതയില്ല പുരുഷന്റെ ഒരു ഭാഗമായിട്ടെന്തെങ്കിലും ആത്മീയത പറ്റിയാൽ അതെങ്ങനെയും സ്ത്രീ അവര് ആത്മീയത അങ്ങനെ അപവാദങ്ങളുണ്ട് പൊതുവെയുള്ള കാര്യം പറയും അപവാദങ്ങളുണ്ടാവും സ്ത്രീ പുരുഷനെ കേന്ദ്രീകരിച്ചാണ് ആത്മീയത അവരുടെ ആണ് എല്ലാ ശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെ ഇതൊന്നും ആളുകളെ ശ്രദ്ധിക്കത്തില്ല അത് ശ്രദ്ധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ആ പോവാദങ്ങളുണ്ടാവും ഏ ഗ്രന്ഥം അങ്ങനെയല്ല ചില യോഗിനികളും മറ്റും പുരാണങ്ങളിലൂടെ ഇവിടെയൊക്കെ രാമായണത്തിലുണ്ട് മഹാഭാരതത്തിലുണ്ട് അങ്ങനെയൊക്കെ ചില യോഗിനികളൊക്കെ കാണാം ്രന്ഥമായിട്ട് അങ്ങനെയുള്ള വല്ല തന്ത്രശാസ്ത്രങ്ങളിലെല്ലാം ചിലപ്പോ കണ്ടെന്നിരിക്കും അല്ലാതെ ഈ പറയുന്നു അതിനൊന്നും അങ്ങനെ പുരാണ ഇതിഹാസങ്ങളെല്ലാം അവിടെ അതായത് ആധ്യാത്മിക വിഷയം ചർച്ചയിട്ട് സ്ത്രീകളെ അഭിമുഖീകരിച്ച് കാര്യം പറയുന്നില്ലെന്നുള്ള അല്ല അതിനെ പറഞ്ഞു ശിവൻ ദേവിയോട് പറയും അതിന്റെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്റെ ശത്രുവായി സ്ത്രീയെ അവതരിപ്പിക്കുന്നു അല്ല സ്ത്രീയുടെ ശത്രുവായി പുരുഷനെ ഒരിക്കലും അവതരിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ആരാരോട് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാന അപ്പോ പുരുഷന്റെ ശത്രുവായി സ്ത്രീയെ സ്ത്രീക്ക് അങ്ങനെ ഒരു ആത്മീയതയുണ്ടെങ്കിൽ സ്ത്രീയുടെ ചന്തുമായും പുരുഷനെയും കാണിക്കുന്നു അങ്ങനെ കാണുന്നവരങ്ങൾ കാണാൻ കിട്ടത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് തികച്ചു അത് പുരുഷപക്ഷത്തു നിന്നാണ് പക്ഷെ ഇതൊക്കെ ആഘോഷിക്കുന്ന സ്ത്രീന്നാണ് അവർക്കിത് ബോധമൊന്നും എനിക്ക് ഇതും ഉണ്ടാകുന്നത് അവർ ഇതൊക്കെ ആഘോഷിക്കും സ്വയം വിരുദ്ധ കൊണ്ട് പാടും കാന്താന വാനാവുന്ന ഇതെന്താ പാടുന്ന ഈ ബോധവില്ലാതെ അറിയത്തില്ല പാടാൻ വരുന്നവരാണ് എന്ത് പാടുന്ന ബോധവില്ലാതുകൊണ്ട് പാടിക്കൊണ്ടേ ഇതെ അടിസ്ഥാനപരമായിട്ട് വരാതാണ് പ്രയത്നത്തിന് നമുക്ക് പ്രയത്നം കർമ്മം അതിനു തന്നെ കൂടെ കൊടുക്കുന്ന പേരെന്താണ് പൗരുഷ അത് പുരുഷനെ സംബന്ധിക്കുന്നതെന്നാണ് അപ്പോ ഈ പ്രയത്നത്തിന് സ്ത്രൈണം പോയി സാഹിത്യത്തിൽ സ്ത്രീയുടെ പ്രയത്നം അങ്ങനൊന്നുമില്ല പൗരുഷമൊന്നും ആക്കി പുരുഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് സ്ത്രൈണം രണ്ടൂരെ അർത്ഥമാണ് സ്ത്രീയെ സംബന്ധിച്ചുള്ള പ്രയത്നം വാക്കുണ്ട് ആ വാക്കുപയോഗിക്കുന്നത് സ്ത്രീയുടെ മോശ സ്വഭാവങ്ങൾ ലജ്ജ ഭയം എങ്ങനെയൊക്കെയുള്ള ദുർബല വികാരങ്ങൾ എങ്ങനെയൊക്കെ കളിക്കാനാവ സ്ത്രീയുടെ ശക്തിയെ പ്രയോഗിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ശ്രേണങ്ങൾ അതുകൊണ്ടില്ല സ്ത്രീക്ക് ശക്തിയില്ല സ്ത്രീക്ക് കർമ്മമില്ല സ്ത്രീക്ക് ശേഷിയില്ല ഈ ധാരണയിലാണ് നമ്മള് ശ്രുതി ശ്രുതി ഇതിഹാസ പുരാണങ്ങളെല്ലാം അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും കാല കാലഹരണപ്പെട്ടു പോയ സാധനങ്ങളാണ് അത് പൊക്കിക്കൊണ്ട് നടക്കരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് സുഖേന പൗരുഷേൻ ആശു സുഖം അസാധ്യതയും ഫലമാണ് അസുഖേന അശുഭം നിന്നെയും ഒന്നാം നല്ല സുഖേന പൗരുഷേനു ശുഭകർമ്മങ്ങൾ കൊണ്ട് ശുഭം അസാധ്യതയും ഫലം ശുഭഫലം കിട്ടുന്നു നല്ല കർമ്മങ്ങൾ കൊണ്ട് നല്ല ഫലം ഉണ്ടാകുന്നു അശുഭേന അശുഭമുണ്ട് ദോഷകർമ്മങ്ങൾ കൊണ്ട് ദോഷഫലമുണ്ടാവും ദൈവം ദൈവം എന്ന് പറയുന്ന ഒന്നുമില്ല ഇനി അടുത്ത് പറയും പറയും അതും പറയും കേട്ടോ ആ ഇനിയും പറയും പക്ഷെ അത് അർത്ഥത്തിൽ പറയും അടുത്ത ബാക്കി അടുത്ത സർഗത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യം കൊണ്ടേ കൂടുതൽ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് പ്രത്യക്ഷം പ്രത്യക്ഷമാനം ഉസ്തൃക്ക പ്രത്യക്ഷമായ പ്രമാണത്തെ ഉപേക്ഷിച്ചിട്ട് കർമ്മം ഭരതപ്പെടുത്തും ഇതാണ് പ്രത്യക്ഷം യാശ്രീ വേണ്ട ഭാഗ്യമാണ് വിധിയാണ് ഫലങ്ങളെ കൊണ്ടുവരുന്നത് അത് അനുമാനമാണല്ലോ അങ്ങനെ ചിന്തിക്കുന്നവൻ സ്വുജാഭ്യാം സൂയില് പ്രേക്ഷപ്പെടുന്നത് തന്റെ കൈകളെ നോക്കിയിട്ട് ഒരണതാരൻ സർപ്പം എന്ന് പറഞ്ഞ് ഭയം നോക്കുന്നത് പോലെ ഒരു വിഭ്രാന്തി സ്വന്തം കൈകളിൽ നോക്കിയിട്ടൊരാൾക്ക് സർപ്പഭ്രാന്തി ഉണ്ടായ അതുപോലെ പ്രത്യക്ഷമായി കർമ്മം ഫലം കൊടുക്കുന്നത് അറിയാം എല്ലാവർക്കും അറിയാം അത് പൊട്ടിട്ട് ഭാഗ്യത്യാസം വിധിയാശ്രയം ദൈവം സംപ്രേരീയുമാഗ്ധിയാ മുഖം അദൃഷ്ടശ്രേഷ്ഠ ദൃഷ്ടേന ദൃഷ്ടി വർത്തത് ദൈവം സംപ്രേരമാണ് എല്ലാം വിധി എന്നെ കൊണ്ട് ചെയ്യുകയാണ് എന്ന് എന്താണ് എന്ന് ഇങ്ങനെ അദൃഷ്ടശ്രേഷ്ഠ ദൃഷ്ടീനാം ദഗ്ധതീന മഹാപുരുഷന്മാരെ കണ്ടിട്ടില്ലാത്ത ദഗ്ധിയാം നശിച്ച ബുദ്ധിയുള്ളവരുടെ മുഖം ദൃഷ്ടമാണ് മുഖത്തെ കണ്ടിട്ട് ലക്ഷ്മി ഇവർക്കതെ ലക്ഷ്മി ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ അവർ എല്ലാം വിധിയാണ് എനിക്ക് തരുന്നതെന്ന് കരുതുന്ന ആ മനുഷ്യർക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുവെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും അവരെ മുറ്റാണോ അദൃഷ്ട ശ്രേഷ്ഠ ശ്രേഷ്ഠ ദൃഷ്ടി ശ്രേഷ്ഠന്മാരുടെ കാഴ്ചപ്പാട് അധിഷ്ഠം കണ്ടിട്ടില്ലാത്തവർ ബഹുരിയാണ് അധിഷ്ഠ്രേഷ്ഠ ദൃഷ്ടി അപ്പോ മഹാത്മാക്കളുടെ ആ കാഴ്ചപ്പാടുകൾ അറിയാത്തവരായ ദുഷ്ടബുദ്ധിലുള്ളവര് വിധിയെ വഴി പറയുന്നത് അപ്പോ വിധിയെ ആശ്രയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ് ഒരാളെല്ലാം വിധിയെനിക്ക് കൊണ്ടുതരും അങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല പ്രയത്നം തന്നെയാണ് വേണ്ടത് കാര്യത്തിൽ സംശയമില്ല മുൻനും അമിതം പ്രാധാന്യം കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്മാ പുരുഷന വിവേകം തുറന്നുമാരിയെ ആത്മജ്ഞനാണ് സഹാർത്ഥ ശാസ്ത്രാണ് നിർമ്മിച്ചെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാറി മാറി പറയും ചിലപ്പോ പറയുന്നത് എന്താണ് ഈ പുരുഷ നമ്മുടെ ഐശ്വര്യങ്ങളെ നേരിടുന്നു ചിലപ്പോ പറയുന്നത് എന്താണ് പുരുഷ നമ്മൊണ്ട് മോക്ഷത്തെ നേരിടുന്നത് രണ്ടും പറയും ഇവിടെയൊക്കെ പറയുന്നു മോക്ഷത്തിന്റെ കാര്യമാണ് പുരുഷയൊക്കെയാണ് വിവേകം കൊണ്ട് മനസ്സിലാക്കി പുരുഷ നമ്മുടെ ആദ്യം വിവേകത്തെ സമ്പാദിക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേകം സത്യം നീ ധർമ്മം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ നിർലോഭമായി കഴിഞ്ഞു നമ്മൾ പറയാറുമില്ല വിവേകം നേടണം അറിവ് നേടണം പിന്നെ സത്യം പാലിക്കണം ധർമ്മം ആചരിക്കണം ഏതോ ധർമ്മസ്ഥതോ ജയ ഇതൊക്കെ നിരന്തരം ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ പറയുന്നവരെന്താണ് വിവേകമൊന്നും നീതിയൊന്നും സസ്യമൊന്നും ധർമ്മമെന്നും പറഞ്ഞാൽ എന്താ ഇവരർത്ഥമാക്കുന്നത് അതിനാണ് പ്രാധാന്യം എന്താ ഈ വാക്കുകൾക്ക് പ്രത്യേകിച്ച് മൂല്യമൊന്നുമില്ല ഇവിടെ എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പഴയ ശാസ്ത്രങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് വിവേകം എന്താണ് സത്യം എന്താണ് നീതി എന്താണ് ധർമ്മം ഇങ്ങനെയുള്ള നമ്മൾ വളരെ ശോഭനമായി കരുതുന്ന വാക്കുകൾ അത് നിങ്ങൾ പഴയ ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥങ്ങളെല്ലാം കാലഹരണപ്പെട്ടാണ് അതിനൊന്നും ഇന്ന് യാതൊരു പ്രായോഗിക ക്ഷമതയും അത് എഴുതിയ കാലം എന്ന് പറഞ്ഞിരിക്കുന്ന സത്യമല്ല ഇന്നത്തെ സത്യം അന്നത്തെ വിവേകമല്ല ഇന്നത്തെ വിവേകം അന്നത്തെ നീതി അല്ല ഇന്നത്തെ നീതി അന്നത്തെ ധർമ്മമല്ല ഇന്നത്തെ ധർമ്മം എല്ലാം കാലം കൊണ്ട് മാറിപ്പോയ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഇതൊക്കെ മാറി എന്നുള്ള കാര്യം കൂടെ പറയുന്ന ഒരു ബോധം വേണം അതാ ധർമ്മം വേണം എന്തോ ധർമ്മം ധർമ്മം മാറിപ്പോയി പഴയ ധർമ്മങ്ങളിൽ മുറുക പിടിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ ധർമ്മങ്ങളിൽ മുറുക പിടിക്കാതെ ഇന്ന് ജീവിക്കാനും പറ്റത്തില്ല ധർമ്മത്തിന്റെ സ്വഭാവം തന്നെ എല്ലാം മാറും കഴിയും പഴയ ധർമ്മങ്ങൾക്കെല്ലാം ഇന്ന് പുല്ല് വിലയാണ് ആർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല പഴയ വിവേകം ഇന്ന് യാതൊരു വിലയില്ല പഴയ രീതിക്കും ഇന്നൊരു വിലയില്ല പഴയ സത്യത്തിനും ഒരു വിലയില്ല നിങ്ങൾക്ക് എന്താണ് ീ ധർമ്മ നീതി സത്യം എന്നു പറയുന്ന കണക്കിന് സുഭാഷിതങ്ങളുണ്ട് സുഭാഷിത ഭണ്ഡാകാരം പുസ്തകമാണ് ആയിരക്കണക്കിന് സുഭാഷിതങ്ങളാണ് ഓരോരോ വിഷയങ്ങളെ കുറിച്ചുള്ള സുഭാഷിതങ്ങളാണ് ഈ സുഭാഷിതം പ്രസംഗിക്കുന്നവർ ഇന്നുമുണ്ട് ഒരുപാട് എന്താ പറയുന്നത് സത്യം വേണം നീതി വേണം ഈ സുഭാഷിതങ്ങളെ എഴുതി വെച്ചിരിക്കുന്ന സത്യം നീതി എന്താണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അത് എഴുതി വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം നമുക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാം പക്ഷെ അർത്ഥം മാറ്റി ഉപയോഗിക്കാൻ പറ്റും ഇവിടെ വിവേകം എന്ന് പറയുന്ന ഒരു ശബ്ദം എന്നു ഞാൻ പറയൂ ഞങ്ങൾ പറയുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു നല്ല കാര്യമാണ് പക്ഷെ എങ്ങനെ സഹായിക്കണം പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സഹായിക്കണം പണ്ട് പറഞ്ഞത് മനസ്സിലാക്കി നിങ്ങളിന്ന് സഹായിക്കാൻ പോയാൽ നിങ്ങളെ അപകടപ്പിച്ച് നേരിടണം ഇന്ന് സഹായിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എൻ്റെ പഴയ രീതിയിൽ അതിനെ സഹായിക്കണം അതും മനസ്സിലാകുന്നുണ്ട് സഹായം എന്ന് പറയുന്ന വാക്ക് ശരിയാണ് മറ്റുള്ളവരെ സഹായിക്കും എങ്ങനെ സഹായിക്കും അപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിവേകമാണ് മറ്റൊരു വേണ്ട അത് പ്രധാനമായ ഒരു പ്രശ്നമാണ് നിങ്ങൾ ശാസ്ത്രങ്ങളുടെ ഈ പഴയ ശാസ്ത്രങ്ങളുടെ പിറകുന്നാൽ നിങ്ങൾക്ക് വിവേകം ഉണ്ടാകത്തില്ല ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു സംശയവും വേണ്ട ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നതിന് എന്തൊരുദാഹരണം കൽപ്പം ആത്മകഥാകഥനം ഞാനത്ര മെച്ചപ്പെട്ട ആളൊന്നുമല്ല അതുകൊണ്ട് ഞാനീ വടക്കേന്ത്യയിലൊക്കെ പോയി കുറച്ചു കാലം നാട്ടിൽ ജീവിച്ചു എന്നാൽ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി തർക്കവും വ്യാകവും വേദാർത്ഥവും അത് ഇതൊക്കെ പഠിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴ എന്റെ പണി എന്ന് പറയുന്നത് ഇത് എനിക്ക് അക്ഷരാർത്ഥ പുറന്നു പോകാനായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു കുറെ കാലം ഒരു പത്തുവർഷം നോക്കിക്കോ പത്ത് വർഷം വന്ന് എനിക്ക് പുറലോകമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മറ്റു പത്രം വായിക്കത്തില്ല അന്ന് മൊബൈലില്ല മറ്റു ന്യൂസൊന്നും അറിയില്ല എന്റെ ലോകം എന്ന് ഈ ശാസ്ത്രത്തിൻ്റെ ലോകം വന്ന അപ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ശാസ്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും അത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ വീട് വെക്കേണ്ട ആവശ്യമാണ് എനിക്ക് വേണ്ടി എല്ലാം ആശ്രമം അപ്പൊ കാശുണ്ട് വീട് വയ്ക്കുക ഇത്രേ ബോധമുള്ളൂ കാശുണ്ടെങ്കിൽ എന്താണ് വീട് വയ്ക്കണമെങ്കിൽ നമ്മൾ എന്തെയ്യും ഒരു എഞ്ചിനീയർ വിളിക്കും അതിന്റെ പ്ലാൻ ഉണ്ടാക്കാൻ പറയും പണിക്കാരെ വിളിക്കും വീട് വെക്കും എനിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു എന്താണ് പഞ്ചായത്ത് പോയി എന്റെ പെർമിഷൻ വാങ്ങണം സത്യം പറയുകയാണ് ഞാൻ വീണ്ടെന്ന് വെച്ചിട്ട് പിന്നെയാണ് അറിയുന്നത് എന്താണ് ഒരു വീട് വെക്കുന്ന ജാതി വേണം പഞ്ചായത്തിൽ പെർമിഷൻ വേണം പിന്നെ എന്താണ് പിന്നെ അത് ബാക്കിയുള്ളവരുടെ ജോലിയായി ഞാൻ പഞ്ചായത്തിൽ ഒന്നും പോകത്തില്ല ഞാൻ സ്വാമി പിന്നെ കുറെ പേരുടെ പണിയായി വീടിന് പെർമിഷൻ വാങ്ങുക എന്ന് പറയും പൈനൊക്കെ ഇടച്ച് അവിടെയൊക്കെ കാല് പിടിച്ച് എന്താണ് നമ്മൾ പഠിക്കുന്ന ശാസനങ്ങളിലൊന്നും ഇതില്ല പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ വാങ്ങണമെന്നുള്ള വേദനത്തില്ല ത്വത്തില്ല വേദം തന്നെ ഞാൻ സർവദർശന സംഗ്രഹവും പഠിച്ചിട്ടുണ്ട് ഒരിടത്തു വരുന്നു എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീട് വയ്ക്കാൻ പോകും ഞാൻ എത്രമാത്രം അയ്യന്നാണ് പാലാവസ്ഥ അപ്പൊ എനിക്ക് വിവേകമുണ്ട് എന്ന് പറയാൻ പറ്റുമോ പറയൂ ഏ എങ്ങനെ അതെന്തിന് നമ്മൾ ഇതെല്ലാ ശാസ്ത്രവും പഠിച്ചിരിക്കല്ലേ ഇനി ആരോട് ചോദിക്കാതെ നമ്മൾ ഷർത്തര സിനിമകളും പഠിച്ചു വച്ചിരിക്കറിയാണ് ആരോട് ചോദിക്കുന്ന കാര്യമില്ല എന്നുവെച്ചാൽ നമ്മള് നമ്മുടെ കോമൺ സെൻസ് തന്നെ ഉപയോഗിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല ഞാനെന്റെ കോമൺ സെൻസ് തന്നെ ഉപയോഗിച്ചു പക്ഷെ ഇതിനൊക്കെ ഒരു സ്പെഷ്യൽ സെൻസ് വേണം കാലത്തിനനുസരിച്ച് എന്തൊക്കെയാണോ എന്നുള്ള അറിഞ്ഞിരിക്കുന്നു അതറിയില്ല അതറിയണമെന്നുള്ള വിവേകം കൂടിയില്ല ഇതൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങണം എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ജീവിക്കുന്ന എവിടെയാണോ വേറെ ലോകത്തിലാണോ ഇപ്പൊ ഈ ജീവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നെ പോലെയുള്ള കരുതലുകളാണ് എന്റെ മാത്രം അനുഭവം ഇത് മനസ്സിലാകണം ഇവരുടെ ഈ നിലാബുപെട്ട പൂക്കന്മാരെ പോലെ ചെന്നെവിടേക്കിനും കേറും അവിടെ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് ഭരണം തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കും ഈ കുരുക്കുകളൊന്നും ഇവർക്ക് ജീവിതകാലത്ത് ഒരിക്കലും അഴിക്കാനും എന്തുകൊണ്ട് ചെയ്തു ബോധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് പഴയ റിവ് വെച്ചുകൊണ്ട് ഒന്നും പറ്റില്ല എല്ലാവരും ഭയങ്കര ഭരണക്കാരാണ് ഇവരൊക്കെ ഭരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ കൂടെയാണ് എന്നാണ് രാജ്യം തന്നെ പോകുന്നത് തോന്നി ഇവർ നടത്തി പട്ടം കെട്ടും എല്ലാം നമ്മുടെ അധീനത്തിലാണ് എന്റെ സ്വന്തം അനുഭവം വെച്ച് പറയുകയാണ് ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇന്നും എന്താണ് വേണ്ടതെന്നുള്ള അറിവുണ്ടായാലേ പറ്റും ജീവിക്കണമെങ്കിൽ അത്ര ഉണ്ടായാലും വെറുതെ ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ പോലും വേണം പഴയ അറിവ് കൊണ്ട് പഴയ അറിവുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വെറും നൂറ് ശതമാനം ജീവിക്കും അപ്പോ ചോദ്യം ചമധമാദികളൊക്കെ വേണ്ട നിത്യാനിത്യവസുവേഗം യുഗാമുത്ര ഫലഭോഗ വിരാഗം സമാധി മനസ്സിനെ നിയന്ത്രിക്കുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ലോകത്തുള്ള ഒരു കാര്യം അറിയാൻ പറ്റില്ലല്ലോ എന്തൊരു ചോദ്യം വരും അതല്ല നമ്മൾ രാസ നമ്മൾ തുടങ്ങുന്നതെന്ന് എന്താണ് അതാ അതോ ധർമ്മ ജിജ്ഞാസ് അതാന്ന് ശമതമാലികളെന്ന് കഴിഞ്ഞതിനു ശേഷം ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനു തുടങ്ങും ശമതമാറികൾ അത് വരുന്ന മനസ്സിന് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കണം വേറെ ഒരിടത്തും നോക്കാനും ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ ആ ശാസ്ത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഒരു സംശയം ആ ശാസ്ത്രത്തിൽ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ശാസ്ത്രം അത് ശരി അതിലൊരു മാറ്റമില്ല എന്നാൽ പ്രശ്നമെന്താവും എന്നെ പോലെ വൃത്തിയാവും ഒരു സ്ഥലത്ത് ഞാൻ പല സ്ഥലത്തും കൂടി മനസ്സിലാക്ക നമ്മളെപ്പോഴാണോ ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നത് പ്രവൃത്തി വെറുതെ ജീവിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ ഇല്ലാത്ത ലോകത്തിൽ ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലും മറ്റുള്ളവർ നമ്മൾ ചൂഷണം ചെയ്യാം അത് സംഭവിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അന്യായമായ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടാകില്ല ന്യായമായ കാര്യങ്ങളറിയും ഇവിടുത്തെ നിയമസംഹിതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം വേണം അതാണ് നമുക്ക് അതിനെയാണ് ഞാൻ ധർമ്മം എന്ന് വിളിക്കുന്നത് അതില്ലെങ്കിൽ ഞാനോ നിങ്ങളോ ആത്മീയക്കാരെയാകത്തുള്ളൂ ഒരിക്കലും ധാർമ്മികരാകത്തില്ല ഇതാണ് എൻ്റെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട് നമുക്ക് ആത്മീയമായി ജീവിക്കാം ആത്മീയമായി ജീവിക്കണമെങ്കിൽ എന്ത് വേണം ഈശ്വര വിശ്വാസം വേണം നമ്മുടെ പൊതുധാരണ അനുസരിച്ച് ജപിക്കണം പ്രാർത്ഥിക്കണം കുളിക്കണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പരോപകാരം ചെയ്യണമെന്ന് പറഞ്ഞാലൊന്നും വർഷമില്ല അത് എങ്ങനെ ചെയ്യണമെന്ന് നൽകി വലിയ പ്രശ്നമാണ് ശരി അതും കൂട്ടിച്ചേർക്കാം ഇതൊക്കെ ആത്മീയതയാവും പക്ഷെ നിങ്ങൾ ആത്മീയ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ ധാർമ്മികമാവണമെങ്കിൽ എന്തുവേണം നിങ്ങളിൽ പെർമിഷൻ ഇല്ലാതെ വീട് വയ്ക്കാൻ പാടില്ല എനിക്ക് പറ്റിയ പറ്റും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാവും അധാർമ്മികനാവും എന്തുകൊണ്ട് നിങ്ങൾ നിയമങ്ങളെ ലംഘിക്കുന്നു എന്റെ സ്വന്തം കാര്യം പറയാൻ അവിടെ അത് ആർഹികനാവും അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീരപ്പനും ആത്മീയതയുണ്ട് എന്തുകൊണ്ട് അയാൾ ആനയെ കൊല്ലുന്നതിനൊന്നും ഭയക്കൊരു ദേവിയുണ്ട് അതിന്റെ മുമ്പിൽ പോയിന്ന് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങി എല്ലാം ചെയ്തതിനു ശേഷം ജ്യോതിഷവും നോക്കിയിട്ട് അയാൾ ആനയെ കൊല്ലാൻ പോകും അയാൾ എന്നെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു വീരപ്പ സിനിമ കണ്ടിട്ടുള്ള ഓ അതൊന്ന് കാണുന്നു അപ്പൊ വീരപ്പന്റെ ആത്മീയത മനസ്സിലാവും അത് ശരിക്കും അയാളുടെ കഥയായി അപ്പൊ അയാൾക്ക് ജോത്സ്യം വരെ അറിയാം അയാൾ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ പണിയെന്താണ് സർക്കാരിന്റെ ആനയെ കൊല്ലുക ചന്ദനം മുറിച്ച് കടത്തുക അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്ന ധാർമ്മികമായ പ്രവൃത്തികളാണ് പക്ഷെ അയാൾക്ക് ആത്മീയതയില്ലെന്ന് പറയാൻ പറ്റില്ല നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മീയതയാണ് നിങ്ങൾ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ആചാരങ്ങൾ പലർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ആത്മീയതയാണ് പക്ഷെ ഇവിടെ ധർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് നിയമവ്യവസ്ഥയാണ് അതിന് ലംഘിക്കുകയാണെങ്കിൽ അധാർമികന ഞാൻ വീരപ്പന്റെ ഉദാഹരണം പറയാൻ ഞാൻ വീരപ്പന്റെ സിനിമ വന്ന അതുകൊണ്ടാണ് എന്താ പറയുക അപ്പൊ വിവേകമെന്ന് പറയുന്നത് എന്താ പഴയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വിവേകം അല്ല ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നതിന് നമ്മുടെ ഏത് കർമ്മരംഗത്താണോ പ്രവർത്തിക്കുന്നത് ആ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ട വിവേകമില്ല ശരി ഈ എല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് നമുക്കിവിടെ വിവേകിയായി ജീവിക്കാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ നിങ്ങളൊരു ചോദ്യം നടക്കുന്നതായിരിക്കണം റവന്യൂടെ എല്ലാ നിയമങ്ങളും പഠിക്കുക വക്കീൽ പഠിക്കുന്ന നിയമങ്ങളെല്ലാം പഠിക്കുക അതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ വിവേകം ഒരാൾക്ക് സമ്പാദിക്കാൻ പറ്റും അതിന്റെ ആവശ്യമില്ല അതിനെ കുറിച്ച് വിവരമുള്ളവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാണ് എങ്ങനെയായിട്ട് അതിനെ കുറിച്ച് വിവരമുള്ള ആരാണ് ആരാണ് ഏ എങ്ങനെ അതും നിങ്ങൾക്കറിയില്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ചുള്ള സാമാന്യ വിവരം വേണമെങ്കിൽ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി നിങ്ങളൊരാളിന്റെ അടുത്ത് പോകുമ്പോൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു വീട് വെക്കണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാണ് എന്തൊക്കെ പെർമിഷനാണ് വേണ്ടത് അതീ പറഞ്ഞു ഏ കേട്ടില്ല ആ പലതുമുണ്ട് അപ്പൊ ഏ ഈ എല്ലാം വന്നു കഴിഞ്ഞു മനസ്സിലായ പിന്നെ എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണമെങ്കിൽ അങ്ങനെ ആണോ ചോദിക്കും അപ്പൊ സാമാന്യ വിവരം നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് തന്നെ കിട്ടും പഴയതുപോലല്ല ഇന്നിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ഇത് ശരിയാണോ ശരിയാണോ വേണ്ടത് ഉടനെ ഗൂഗിളിനെ നോക്കും ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി എന്താ അനുഭവം ഉണ്ടവരെ എന്റെ ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ ടയർ മാറ്റണം അപ്പൊ ഞാൻ വണ്ടിയും കൊണ്ട് വർഷം പിച്ചു അപ്പോൾ അവിടുത്തെ എൻജിനീയർ വണ്ടിയൊക്കെ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഇതിന്റെ ടയറെല്ലാം മാറ്റണം നാല് ടയറുണ്ട് നാല് മാറ്റണം ഞാൻ നോക്കി ഇപ്പോഴത്തേക്ക് രണ്ട് ടയറും മാറ്റേണ്ട കാര്യമൊന്നുമില്ല അത് അതിന് തേഞ്ഞിട്ടില്ല അയാളോട് ഇറക്കിക്കാൻ പറഞ്ഞു രണ്ടെണ്ണം മാറ്റിയാൽ പോലെയായിരിക്കും പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ അഡ്വീസ് എന്ന് നിങ്ങളുടെ കാറിന്റെ നാല് ടയറും മാറ്റണം ഈ വണ്ടി ആരാ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഞാനാണോ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എങ്കിലാണോ അപ്പൊ ഇതിലാണോ യാത്ര അപ്പൊ സുരക്ഷിതമായി യാത്ര വേണം അത് ആഗ്രഹം ഉണ്ടോ ഞാൻ പറഞ്ഞു അതെനിക്ക് വലിയ ആഗ്രഹമുള്ള കാര്യമാണ് സുരക്ഷിതമായ യാത്രയാൻ പറ്റും അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ഇത് മാറ്റി വെച്ചു ഞാൻ തേഞ്ഞിട്ടില്ലല്ലോ അതും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അയാൾ പറഞ്ഞ് നോക്കുക വണ്ടിയിൽ ഈ വണ്ടി ഈ ടയർ മാനുഫാക്ചറിങ് ചെയ്ത ഡേറ്റു അതനുസരിച്ച് നാല് വർഷം കഴിഞ്ഞ് അപ്പോൾ ടയർ മാറ്റി മാറ്റുകയോ മാറ്റാതിരിക്കുകയൊക്കെ നിങ്ങളെ ഇഷ്ടം ഞാൻ ഉടനെ ഗൂഗിളിന് നോക്കി എന്താണ് ഗൂഗിൾ പറയുന്നത് ആദ്യം അപ്പൊ ഗൂവിള് പറഞ്ഞു നാല് വർഷം കഴിഞ്ഞാൽ ടയർ മാറ്റണം നിങ്ങൾ വണ്ടിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളൊരു നാല് വർഷം ഒരു ടയർ വാങ്ങി റൂമിനകത്ത് വെച്ചിരുന്നാലും നാല് വർഷം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്താണ് അതാണ് അതിന്റെ നിയമം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകും അത് പൊട്ടാം എവിടെയെങ്കിലും പോയിരിക്കാം അപ്പൊ ലോകത്തെ എല്ലാവരും ഇത് പാലിക്കുന്നുണ്ടോ ഇല്ല ആരും പാലിക്കുന്നുണ്ടോ നിങ്ങളുടെ സുരക്ഷിത്വം നിങ്ങൾ നോക്കും മനസ്സിലായോ നമുക്ക് ഇതിനെതിരായിട്ട് തർക്കങ്ങൾ ഉന്നയിക്കാം എതിർവാദങ്ങൾ അതങ്ങനെ ശരിയാകും എല്ലാവർക്കും ഇതൊക്കെ സാധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ശരിയായി അവർ പറയുന്ന നമ്മുടെ സേഫ്റ്റിയാണ് ഞാൻ മാറ്റി കാരണം എന്റെ സേഫ്റ്റി എനിക്ക് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഉദാഹരണം പറയുന്നത് ചിലപ്പോ പ്രായോഗികമായി അങ്ങനെ അല്ലായിരിക്കും ചിലർ വാദിക്കും അങ്ങനെയല്ല വീണ്ടും പറയാം പക്ഷെ ആ കമ്പനി എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ കാര്യം ഗൂഗിൾ ഗുരു എന്ന് പറയുന്നു അതാണ് ശരി നിങ്ങൾ മാറ്റുന്നത് പിന്നെ എഞ്ചിനീയർ എന്ന് പറയുന്നു മാറ്റണം അപ്പൊ പിന്നെ നമ്മൾ മാറ്റുക എന്നുകൊണ്ട് നമുക്ക് വലുതെന്താണ് നമ്മുടെ സേവിക്കാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വിവേകമെന്ന് പറയുന്നത് പഴയ ശാസ്ത്രം കഴുകി വെച്ചിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും രാമായണത്തിൽ എവിടെയെങ്കിലും കഴുകിയിട്ടുണ്ടോ ടയർ എത്ര കാലം കഴിഞ്ഞാൽ മാറ്റണം അത് പഠിച്ചിട്ട് നിൽക്കുന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല നമ്മള് ശരിക്കൊന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്തിനനുസരിച്ചുള്ള വിവേകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേണ്ടത്ര അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് അത് ഉപയോഗിച്ചേ പറ്റും ബാങ്കിൽ അക്കൗണ്ടുണ്ടോ കുറച്ചു പൈസ ആയിക്കൊള്ളട്ടെ ശരിയായ ഉപയോഗമില്ലെങ്കിൽ അത് ആരെങ്കിലും കൊണ്ടുപോകും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന പോലും ബാങ്കിൽ കാശ് കാണത്തിന് ആരെങ്കിലും കൊണ്ടുപോകും ഇല്ലേ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ പൈസ ഇട നിങ്ങളുടെ പെട്ടിയിലായിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ശരിക്കും ഉപയോഗമില്ലെങ്കിൽ എന്തു ചെയ്യും ഏവരെങ്കിലും വന്ന് കാരണം അവന് പറ്റിക്കാനുള്ള വിവേകമുണ്ട് നമുക്ക് സൂക്ഷിക്കാനുള്ള വിവേകം ഇല്ല അപ്പോ എന്താണ് ഈ ലോകത്ത് എന്തൊക്കെ ചുറ്റുപാടില് ജീവിക്കുന്നതിനുള്ള വിവേകം ഉണ്ടായി അപ്പൊ ശബന്ധമോ അതൊക്കെയോ ഒന്നും അറിയാതെ ജീവിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഹിമാലയത്തിൽ പോയാലും ജീവിക്കാൻ പറ്റില്ല ഹിമാലയത്തിൽ പോയാലും സാമാന്യ വിവരമില്ലെങ്കിൽ പ്രശ്നമാണ് ഇവിടെ പോയാൽ അപ്പോ വിവേകം മാറി പഴയ വിവേകമല്ല ഇതുപോലെ എല്ലാ കാര്യങ്ങളും തസ്മാ പുരുഷയാണ് വിവേകം പൂർണ്ണമാശ്രീ അതുകൊണ്ട് പരിശ്രമിച്ച് വിവേകം നേടണം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ നിങ്ങളുടെ ഒരു ശാസ്ത്രത്തിൽ ഒഴുകിട്ടുള്ള വിവേകമല്ല ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നതിന് ഉള്ള വിവേ ആ വിവേകമെന്ന് പറയുന്നതിന് വേറെ തന്ത്ര മന്ത്ര യന്ത്രങ്ങളൊന്നുമില്ല അതെന്താണോ ശരിയായ നേരേവാ നേരേ പോകും അതുകൊണ്ട് മതി അല്ല അതിന് വേറെ നമുക്ക് എന്താണോ കൂടതന്ത്രങ്ങളൊന്നും ഇന്ന് ആവശ്യം ജീവിക്കുന്ന ശരിയായ നിയമവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നവനും മറ്റും ഒന്നിന്റെ ആവശ്യം അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമവ്യവസ്ഥകൾ പാലിച്ചു പോകുന്ന ഒരാളെ ആർക്കും ഒരു കൂടതന്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ശരിക്കുള്ളൊരു ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ ആരും കൊണ്ടുപോകത്തില്ല ആ വിവേകോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം എന്താണ് സൈബർ എക്സ്പെർട്ട് എന്നും ആവേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്റെ കമ്പനി കരുതൽ എടുക്കണം ഇത്രയും അറിഞ്ഞിരിക്കും അല്ലെങ്കിൽ പൈസ ബാങ്കിലേട്ടുണ്ട് ആരെങ്കിലും കൊണ്ടുപോകും എല്ലാം മാറി സത്യം നീതി ഓരോങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്താണോ എല്ലാം മാറിക്കഴിഞ്ഞു ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ല ഇന്നത്തെ സത്യം ഗ്രന്ഥങ്ങളുടെ നീതി അല്ല ഇന്നത്തെ നീതി എല്ലാം മാറിയിരിക്കുകയായിരുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക ശാസ്ത്രശാസ്ത്രം എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾ പഴയ ശാസ്ത്രങ്ങൾ തേടി പോകരുത് എന്നാണ് എല്ലാവരും അഭ്യർത്ഥന ഇന്ന് നമ്മളെ ചുറ്റുമുള്ള ശാസ്ത്രങ്ങളിലും എന്നാലും നെങ്കിലോത് ചെയ്യാം ശാസ്ത്രം പ്രമാണത്തിന്റെയൊക്കെ നമ്മുടെ ആചാര്യന്മാരെല്ലാം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ മനുസ്മൃതി ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങൾ നോക്കി അതിനനുസരിച്ച് ജീവിക്കാനാ പറയും എന്താ ചന്ദ്രാചാര്യരായാലും ശരി രാമാനുജാചാര്യരായാലും ശരി അവരെല്ലാം പറയുന്നതാണ് ആ ശാസ്ത്രം അത് നമ്മളാ വ്യാഖ്യാനങ്ങൾ പഠിക്കുമ്പോൾ ആ ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ശാസ്ത്രങ്ങളെ കുറിച്ച് അവർക്കറിയില്ല അവർ പാമനന്മാരാണ് അജ്ഞന്മാരാണ് ഇന്നത്തെ ശാസ്ത്രങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു ശാസ്ത്രം വരൂന്നും അവർ സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല അതിനുള്ള യാതൊരു ദീർഘദർശനത്തിനുള്ള കഴിവ് അവർക്കുണ്ടായില്ല അതുകൊണ്ട് അവര് ശാസ്ത്രം എന്ന് പറയുമ്പോൾ മനസ്സും ഉപയോഗിക്കണം മനുനോ ഇതുതം നദ്ഭൌഷല്യം ഭൈഷര്യം മനുവെന്ന് പറഞ്ഞു അതാണ് മരുന്ന് ലോകത്തിലുള്ള സർവപ്രശ്നങ്ങൾക്കും മരുന്ന് മനു പറഞ്ഞിരിക്കുകയാണ് ഇതായാലും നമുക്ക് കാരണം അങ്ങനെ ചിന്തിക്കരുത് ാവശ്യമാണ് നമ്മുടെ ചിന്തകൾക്ക് ഇന്നത്തെ ലോകത്ത് നേരെ ജീവിക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ തള്ളിക്കളെ പരിശ്രമം കൊണ്ട് വിവേകത്തെ നേടണം ആത്മജ്ഞാന മഹാർത്ഥാനി ശാസ്ത്രമാണ് ഈ പറഞ്ഞാൽ ശരി ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മജ്ഞാനം ആ ജീവിക്കും ആ ശാസ്ത്രങ്ങളിൽ തന്നെ പഠിക്കുന്ന ആന സംശയ അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മജ്ഞാനത്തിന് വേണ്ടി എന്താണോ അന്നത്തെ ആ ശാസ്ത്രങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം വേറെ വഴിയൊന്നുമില്ല അതിന് മാറ്റമില്ല അത് കാരണം അങ്ങനെ ഒരു ആത്മജ്ഞാനം ആശാസ്ത്രങ്ങളിലേ ഉള്ളൂ രാമാനുജൻ പറയുന്ന ആത്മജ്ഞാനം മനസ്സിലാകണമെങ്കിൽ രാമാനുജന്റെ ഭാഷയിൽ തന്നെ പറയുന്ന ആത്മജ്ഞാനം മനസ്സിലാക്കണമെങ്കിൽ അത് തന്നെ പഠിക്കണം യോഗിയുടെ ആത്മജ്ഞാനം വേണമെങ്കിൽ അത് തന്നെ വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല അതിനൊരു ശാസ്ത്രം അപ്പം നമ്മൾ അതിന്റെ പഠനത്തിലേക്ക് പോകുമ്പോൾ അതിനെ തന്നെ ആശ്രയിക്കും അതാണ് ആത്മജ്ഞാനം മഹാർത്ഥം ശാസ്ത്രമാണ് ആത്മജ്ഞാനമാവാത്ത മഹാർത്ഥങ്ങളുള്ള ശാസ്ത്രങ്ങൾ വിചാരം ചെയ്യണം ചിന്തയതാം അർത്ഥം യഥാശാസ്ത്രം നിദേഹിത അസംസാധയൂഢാന ദുരീക്ഷിതം ചിന്തയതാ ചി ചിത്തെ ചിന്തയതാമാണ് മനസ്സിൽ സങ്കല്പിക്കുന്ന വിഷയങ്ങൾ യഥാശാസ്ത്രം ജയിഹിതീ ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കൂടെ ഇതെല്ലാം ഇവിടെയൊക്കെ പറയുമ്പോൾ പഴയ ശാസ്ത്രങ്ങളാണ് പറയുന്നത് തൻ്റെ ആഗ്രഹങ്ങൾ അന്നത്തെ ആഗ്രഹങ്ങളൊക്കെ എന്താണ് മറ്റൊന്ന് വലിയ ആഗ്രഹം സ്വർഗത്ത് പോവുകയാണ് അപ്പൊ സ്വർഗത്ത് പോകാനുള്ള വിദ്യ എന്താണ് യഥാശാസ്ത്രം ർഭാമോ എന്റെ ആ ശാസ്ത്രം തന്നെ വേണം നിജക്കീഷിറ്റേ അതിനുവേണ്ട പ്രയത്നങ്ങൾ എന്നെ വേണം പരലോകത്തിനുതകുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേണം ആ സംസാധേയത മൂഢാണ് അത് എന്താണ് സാധിക്കാത്തതായ മൂഢന്മാരുടെ ഈപ്സിതം അവരുടെ എന്താണ് എന്തെങ്കിലും സാധിക്കാമെന്നുള്ള അവരുടെ ആ ആഗ്രഹങ്ങളെല്ലാം നിന്ദനീയമാണ് അവരൊന്നും സാധിക്കരുത് അത് ശരിയാണ് നിങ്ങൾക്ക് സ്വർഗത്ത് പോകണമെന്ന് ആശ്വാസങ്ങളിൽ പറയുന്ന രീതിയിൽ അത് തന്നെ സാധിക്കും അസംസാധീയത അത് സാധിക്കാത്ത മൂഢങ്ങള് അത്തരം പ്രവൃത്തികളേർപ്പെടാത്തവർ അവരുടെ മനോകാമനകളൊന്നും ഒരിക്കലും സാധിക്കുണ്ടാകും എന്നാണ് ഇത് നിന്ദനീയമാണ് നിന്ദിക്കപ്പെടേണ്ടതാണ് അപ്പൊ ഇതൊക്കെ പറയുന്ന എന്തിനെ കുറിച്ച് പഴയകാലത്ത് ശ്രേയസ് പ്രേയസ് രണ്ടായിട്ടു ശ്രേയസ് എന്ന് പറയുന്നത് എന്താണ് മോക്ഷ പ്രേയസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വർഗമാണ് പിന്നെ അതില് അതിന് ഉപകരിക്കുന്നതാണെന്ന് ധർമ്മം അർത്ഥം കാമം ആ ധർമ്മം ഇന്നത്തെ ധർമ്മമല്ല അത് പോയി പഴയ ധർമ്മമാണ് ഇന്നത്തെ ധർമ്മമാണ് അർത്ഥം അതും പഴയ കാമം അതും പഴയ കാമുള്ള ഇന്നത്തെ ഒരു തവള മാത്രം വരെ സഹജം കർമ്മകോന്റെ സദോഷം മുൻപത്തിന്റെ മുമ്പ് പിന്നെ ഗീത കൂടെ എടുത്ത് തീർത്തു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവിടെ സംഭാഷണം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ രാമാനന്ദ ശാന്തരാമ ഹോം ഭാഷങ്ങളെ ഏകദേശം പരിഗണിച്ചുകൊണ്ട് ഒരു അർത്ഥമാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ അർത്ഥം ഈ പറയുന്ന അർത്ഥങ്ങൾ എനിക്ക് പൂർണ്ണമായും യോജിക്കില്ല അപ്പൊ എന്നോട് ആരാണ് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല ഞങ്ങളാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഈ സ്വാമിയുടെ സ്വന്തം ഒരു വ്യാഖ്യാനം ഗീത സ്വാമി സ്വന്തമായിട്ടൊക്കെ ഞാൻ പറഞ്ഞ അതിന്റെ അത് പറ്റി എന്തുകൊണ്ട് ഞാൻ രീതിയിൽ വ്യാഖ്യാനിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്താണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റി നിങ്ങളുടെ പ്രശ്നത്തിൽ സഹജം കർമ്മ യഥാശാസ്ത്രങ്ങളുടെ വീണ്ടും അതുകൊണ്ട് ഞാൻ പറയാം സഹജം അതിനെങ്ങനാണ് അർത്ഥം പറഞ്ഞത് സഹജാതം നീ ജനിച്ചപ്പോ നിന്നോടൊപ്പം വന്ന കർമ്മങ്ങൾ ഒന്നേയ സദോഷമി ദോഷമുണ്ടെങ്കിലും എന്താണോ ത്യജിക്കരുത് എന്താ ദോഷം അപ്പൊ നീ ജനിച്ചപ്പോ നിന്നോട് വന്ന കർമ്മം ഏതാണ് എന്താണ് ജനിച്ചപ്പോ വന്ന ഓർമ്മ ഏതാണ് അത് ഞാൻ എന്താണ് യുദ്ധം സഹജം സഹജാതം നീ ജനിച്ചപ്പം നിന്നോടൊപ്പം വന്നാണ് നിജ നീ ക്ഷത്രിയ കുലത്തിലാണ് ജനിച്ചത് കുലധർമാ സനാതനഹ കുലധർമ്മങ്ങളൊക്കെ എന്താണ് സനാതനമാണത് അന്മാറ്റം വരാൻ പാടില്ല നീ ജനിച്ചിരിക്കുന്ന ക്ഷത്രീയ കുലത്തിനാണ് അപ്പൊ ജനിച്ചപ്പോ തന്നെ നിന്നോട് എന്ത് വന്നു നിന്റെ കർമ്മവും വന്നു അതാണ് യുദ്ധം അതിന് ദോഷമുണ്ട് നീ പറയുന്നത് പോലെ എന്താണ് ഹിംസ ദോഷമുണ്ട് അത് ശരിയാണ് പക്ഷെ നത്തി നീ ഉപേക്ഷിക്കരുത് അപ്പൊ ഓരോ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ യുദ്ധം ചെയ്തേ മതിയാകും എന്ന് പറയുന്ന പഴയ ധർമ്മം അതിനുള്ള ധർമ്മം അതിൽ നിന്നവന് മാറാൻ പറ്റില്ല എന്തുകൊണ്ട് അവന്റെ ജാതി കുട്ടിയുടെ മകനായ ജനിച്ച അവൻ ചെരുപ്പ് തന്നെ കൊടുക്കണം തോട്ടിയുടെ മകനായി ചെയ്യണം പൂജ ചെയ്യുന്നവൻ്റെ മകനായി ചോദിച്ചിട്ട് പൂജ തന്നെ ചെയ്തു കർമ്മത്തിൽ നിന്നവന് സ്വാതന്ത്ര്യമില്ല എന്തുകൊണ്ട് സഹജം കർമ്മ ഒറ്റ വാക്കിൽ അത് വ്യക്തമാക്കിയിരിക്കണം നിന്നോടൊപ്പം വന്നതാണ് നിന്റെ കർമ്മം അപ്പോ കർമ്മക്കെങ്ങനെ തീരുമാനിക്കും ജന്മം കൊണ്ടേ തീരുമാനിക്കേണ്ട സഹജം സഹജം എന്ന് വെച്ചാൽ സഹജാതം നിന്നോടൊപ്പം ഉണ്ടായത് ഏ ശരി ഒരാൾ ജനിച്ചപ്പോ അയാളോടൊപ്പം വന്നതാണ് എന്ത് കർമ്മം അപ്പോ പറയുന്ന എന്താണ് അങ്ങനെ ഒരു കർമ്മം വന്നത് അയാളുടെ വാസനയിൽ നിന്നാണ് അവനെന്താ ദോഷം വാസനയിൽ നിന്നാണ് വന്നത് എന്തുകൊണ്ട് അവൻ ക്ഷത്രിയനായി എന്തുകൊണ്ട് ജനിച്ചു അവന്റെ വാസന ഉണ്ട് അവനെന്തിനുള്ള വാസനയുണ്ട് യുദ്ധം ചെയ്യാനുള്ള വാസനയുണ്ട് അതുകൊണ്ട് അവൻ ജനിച്ചപ്പോൾ തന്നെ എന്തു വന്നു അവന്റെ കർമ്മമുണ്ടായത് ശരിയാണോ വാസന എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ് അനെന്താ മൺ വാസന എന്ന് പറഞ്ഞാൽ വാസന എവിടുന്നാണ് വരുന്നത് പൂർവ്വ ജന്മങ്ങളിൽ നിന്നും തന്നെ വരുന്നത് ആണോ അപ്പൊ ഇവൻ എന്തുകൊണ്ട് ക്ഷത്രിയ കുലത്തിവന്ന് പറഞ്ഞു ഇവന് യുദ്ധം ചെയ്യുന്നതിനുള്ള വാസനകളുണ്ട് അപ്പോൾ അവൻ ജനിച്ചപ്പോൾ തന്നെ എന്തോന്നു അവന്റെ കർമ്മം വന്നു അപ്പൊ അവന്റെ ജന്മം അനുസരിച്ചുള്ള കർമ്മം അവൻ ചെയ്യുന്നേ പറ്റും എന്ന തെറ്റിയത് ഉപേക്ഷിക്കരുത് എന്തുകൊണ്ട് ദോഷമുണ്ടെങ്കിലും ദോഷമെന്ന് പറയുന്നെങ്ങനെ മനസ്സിലാക്കരുത് ഒരു ജനിച്ചു അവൻ ചെയ്യേണ്ടതാണോ സിദ്ധം അവൻ മനസ്സിലാകുന്ന രീതിയിൽ ഹിംസാന്നും ചെയ്യാൻ പാടില്ല അവൻ ഹിംസയെ ദോഷമായി കാണണം മറ്റുള്ളവർ കൊല്ലുന്ന ദോഷമായി കാണണം അങ്ങനെ കണ്ടാലും അവനെന്ത് ചെയ്യണം അത് ഉപേക്ഷിച്ചില്ല ദോഷം അവൻ കണ്ടെത്തിയതായിരിക്കും പക്ഷെ അവന് ജന്മന കിട്ടിയെന്താണ് സിദ്ധമാണോ അപ്പൊ ദോഷമുണ്ടെങ്കിലും ഉപേക്ഷിക്കരുതെന്ന് എന്താ എന്താണ് അവനൊ ചെയ്യാൻ നിർബന്ധിതനാണ് കുലത്തൊഴിലേ ചെയ്യാവും വേറൊരു പണിയും ചെയ്യാമ്പോൾ ഇതാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞത് ഇത് നമ്മുടെ കേരളത്തിൽ നൂറു വർഷം മുമ്പ് നിലനിന്നിരുന്ന ഒരു സംഭവമാണ് ഇതൊരു ചില മഹാഭാരതം ഗീതയൊന്നും നോക്കേണ്ട കാര്യമില്ല ഷം നിങ്ങൾക്ക് എന്താണ് മഹാഭാരതം രാമായണവും ആ കാലമൊക്കെ നല്ല തിട്ടമാണ് നൂറു വർഷം മുമ്പ് ഈ കേരളത്തിൽ എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾക്കറിയ ഒരാളിവിടെ നിന്ന് പുറത്തുപോയി അന്നത്തെ ഡോക്ടർ പരീക്ഷ പാസായി തിരിച്ചു വന്നു തിരുവിതാംകൂർ രാജ്യത്തിന് ഒരു ഡോക്ടർ ജോലിക്ക് അപേക്ഷ കൊടുത്തപ്പോൾ കൊടുത്ത മറുപടി ഇതാണ് നിങ്ങളുടെ കുലത്തൊഴിലെന്ന് പറയുന്നത് ചെത്താണ് അതേ ചെയ്യാൻ പറ്റും എന്താ ഇവിടെ രാജ്യത്ത് ഇതാണ് ഇത് ധർമ്മരാജ്യമാണ് ഇവിടെ കുലത്തൊഴിൽ ചെത്തായിട്ടുള്ളവരാൾ ഡോക്ടറായിട്ടോ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു മറുപടി കൊടുത്ത ഇതാണ് നൂറു വർഷം കേട്ടിട്ടുണ്ടാ ഏ ഉണ്ടാ വായിച്ചിട്ടുണ്ടാ ആരോ ആയിക്കോളെ ഒരാൾ കവിത എഴുതുന്നു പാട്ട് പാടുന്നു കേശവദാസ് കവിത എഴുതുന്നു പാട്ട് പാടുന്നു ചിത്രം വരയ്ക്കുന്നു ആണ് അവനെന്താ സംശയം അങ്ങനെ വേദുകുലത്തിലും നൈസർഗികമായ വാസന എഴുതി അനുസരിച്ച് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയ എന്താണ് ഇപ്പോ ഒരാൾക്ക് പാട്ട് പാടുന്നതിനുള്ള വാസന എഴുതി സ്വാമി ചാരിച്ചത് പാടാവുമെന്ന് വിചാരിച്ചു പക്ഷെ അവൻ ജനിച്ച ഇവിടെ ശൂദ്ര കുരുത്തിലാണെങ്കിൽ അവൻ പാടിക്കഴിഞ്ഞ അവന്റെ നാക്കർത്തു മാറ്റം അതാണ് നിങ്ങൾ ബ്രഹ്മസൂത്രത്തിൽ പഠിച്ചത് മറന്നുപോയ ജിഹ്വാച് ഇത് ബ്രഹ്മസൂത്രത്തിൽ എഴുതിയിട്ടുള്ള പഠിച്ച ഓർമ്മയുണ്ടോ ആദ്യക്കുറിച്ച് അവൻ പറയുന്നു അങ്ങനെ മനുഷ്യരിൽ വാസന കാണില്ല എന്നുള്ളതല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല അതാണ് നിയമം അവരുടെ നാക്ക് മുറിക്കണമെന്നായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പാടാൻ മാസിനെ ഉണ്ടെന്ന് വിചാരിച്ച് പാടാൻ പറ്റില്ല അതിന് അധികാരം അവരുണ്ടോന്നു അവ പാടണമെങ്കിൽ അവ ഏതുപോലത്തെ ജനിക്കണം മാസിനനുസരിച്ച് പാടണമെങ്കിൽ അതിന് അധികാരമുള്ള ഏതായ മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതല്ല വാസനക്കനുസരിച്ചാണ് ഈ കർണാടക സംഗീതം എന്ന് പറയുന്നൊരു സംഗീതം ഉണ്ടല്ലോ അതില് ഒരു കാലഘട്ടത്തിൽ അതിലെത്ര ചണ്ടാളന്മാരുണ്ടായിരുന്ന സംഗീത വിദഗ്ധന്മാരായിട്ട് വാസനയുള്ള എത്ര ചണ്ടാളന്മാര് സംഗീതം പഠിച്ചവരുണ്ട് ഏതെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ അതെ അപ്പൊ ഈ എന്താണ് നമ്മളെ നാട്ടിലൊക്കെ സൂദ്ര സന്യാസിമാര് പ്രസംഗിക്കുന്നുണ്ട് അത് കേട്ടിട്ട് പറയലെന്തായ നമ്മൾ ചിന്തിച്ചിട്ട് പറയാം അങ്ങനെയൊന്നും കാര്യങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല യഥാശാസ്ത്രം എന്നുള്ള പറഞ്ഞോണ്ടോ നമുക്ക് വരുന്നിടത്തല്ല ഞാനത് പറഞ്ഞുകൊണ്ടേ മനസ്സിലാക്കാം അപ്പൊ ശാസ്ത്രമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഇത് നിർബന്ധിതമാവും നിയമവ്യവസ്ഥയാണ് പാടാനൊരുത്തരും വാസന ഉണ്ടെങ്കിലും അവന് പാടാൻ പാടില്ല അവൻ പാടാൻ പറ്റിയ കുലത്തിൽ ജനിക്കണം എന്നല്ലേ വരും ഇന്നിപ്പോ ഇവിടെ അമ്മ കൂടെ ഒരു പാടുള്ളൂ ഇത് സ്വതന്ത്ര ഇന്ത്യയിലായതുകൊണ്ടാണ് ഒരു നൂറ് വർഷം മുമ്പാണ് പാടിയിരുന്നെങ്കിൽ ആരും കേൾക്കത്തില്ല ഒരു സംശയവും വേണ്ട പാടാൻ പറ്റില്ല പാടാൻ ഹോളിപ്പാട്ട് പാട പുറത്താരും കേൾക്കാൻ പാടാൻ പറ്റില്ല എന്നിട്ടാണ് ഇതൊക്കെ പൊക്കി കോൺ കിടക്കുന്നത് എന്തോ ഭയങ്കര സംഭവമായിരുന്നു പണ്ട് എന്ന് പറയും അസംബന്ധം അതുകൊണ്ട് വ്യക്തമായും പറയണെന്താണോ ദോഷമുണ്ടെങ്കിലും ജന്മനാ നിന്നോടെന്താണോ വന്നിരിക്കുന്നത് അത് നീ ചെയ്യണം ജന്മന വന്നെന്ന് പറഞ്ഞാൽ നിന്റെ ജന്മം കൊണ്ട് തീരുമാനിക്കണം എന്ന് വെച്ചാൽ അവിടെ കുലത്തിനാണ് പ്രാർത്ഥന അവൻ ജനിച്ച കുലത്തിലാണ് പ്രാർത്ഥന ആ കുലത്തിൽ അവൻ ജനിച്ചു വേണ്ടി അവന് വാസനയില്ലെങ്കിലോ ഇല്ലെങ്കിലും അവനൊക്കെ ചെയ്തേ പറ്റും അവനവനുള്ള വാസന പക്ഷെ അവന ചെയ്യാൻ നിർബന്ധിതന അവൻ കഴിവില്ല എന്നാലും ചെയ്തേ പറ്റും മനസ്സിലായോ അതൊക്കെ തന്നെ മഹാഭാരതത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ധാരണ കഴിവില്ലാത്തവരും ഇതും ചെയ്യാൻ പോണം എന്തുകൊണ്ട് അവൻ കുലത്ത് ജനിച്ചു പോയി ഉത്തരണ്ണം കുറിച്ച് കേട്ടിട്ടു ഉത്തരൻ അതിന് കഴിവില്ല പക്ഷെ ഇന്ത്യൻ ചെയ്യുന്ന പറ്റുന്ന ഒന്നും ഉണ്ടെങ്കിൽ കുലം അതാണ് അപ്പോ അതാണ് ഇവിടെ ഈ പറയുന്നത് എന്താണ് യഥാശാസ്ത്രം ഇന്നതല്ല ഇന്നതൊക്കെ മാറി ഇന്നെന്ന് പറയുന്ന എന്താണ് അത് ആ കുലം എന്ന് പറയുന്നൊരു പ്രശ്നമല്ല പിന്നെ ഇന്നത്തേതായ പ്രശ്നങ്ങൾ ഇന്നെല്ലാം എന്താണോ സംഭവം തന്നെ പറയും ഇന്നത്തെ ഇന്നത്തെ പ്രശ്നങ്ങൾ ഇന്നുണ്ട് ഇന്ന് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്താണോ എല്ലാവർക്കും തുല്യമായ അവസരങ്ങളുണ്ട് അപ്പം പലർക്കും പലപ്പോഴും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല അത് പല കാരണങ്ങളും ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും അർഹതയുണ്ട് കൊണ്ടതില്ല അർഹത എന്ന് പറയുന്നത് രണ്ടു നിമിടെ വ്യത്യാസം അപ്പൊ യഥാശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ രാമായണത്തിലോ മഹാഭാരത്തിലോ ഒന്നും പോകരുത് അവിടെ എന്തോ ധർമ്മമാണ് അവിടെ എന്തോ നീതിയാണ് അങ്ങനെ നിന്ന് ചിന്തിച്ചുണ്ടായിരുന്നു അവിടേക്ക് അധർമ്മമാണ് ഇന്ന് ധർമ്മം അപ്പൊ ഇന്നത്തെ ആധ്യാത്മികതയ്ക്ക് ഇന്നത്തെ ധർമ്മം വേണം ഇന്നത്തെ ധർമ്മത്തെ അനുസരിക്കുന്നവനാണ് എന്താണെന്ന് ആ വ്യക്തിയിലെ ധാർമ്മികമായ ആത്മീയതയും അല്ലെങ്കിൽ ആത്മീയത ഉണ്ടാവും ധാർമ്മികത കാണത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ചെറുപ്പം ആത്മീയത വേണം നോക്ക അവിടെ ധാർമ്മികത വേണമെന്നൊന്നുമില്ല പക്ഷെ രണ്ടും കൂടെ ഒത്തുപോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ധർമ്മത്തെ അനുസരിക്കണം ഇന്നത്തെ ധർമ്മം എന്ന് പറഞ്ഞ ഒരു സംശയം വേണ്ട ഇന്നത്തെ നിയമവ്യവസ്ഥകളാണ് അതിനെക്കുറിച്ച് ബോധമുള്ളവരെ ഇന്ന് ധാർമ്മികനായ ആത്മീയ ജീവിതം നയിക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ ശാസ്ത്രം ഒരു പഴയത്തിലേക്ക് പോകും അതിന് വേണ്ടിയിട്ടാണ് അത് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം അപ്പൊ ഇതിങ്ങനെ എന്താണ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്കും ആറാം അധ്യായത്തിലേക്ക് ഇതിൽ പുതിയതായിട്ട് ഞാൻ പഠിക്കാനില്ല തസ്മാൗരുഷാ ദൈവം നാന്യ തോജ്യദൂരത സാധു സംഗമസശാസ്ത്രേ ജീവം ഉത്താരയേത് ബലാ സർഗമാറിലെ ആദ്യത്തെ പതിമുമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു പുതിയ പുതിയ വ്യാഖ്യാനം എന്താ പറഞ്ഞാണെങ്കിലും വേറെ രീതിൻ്റെത് അവതരിപ്പിക്കുകയാണ് അതും മനസ്സിലാക്കി തസ്മാരുഷ ദൈവം നാന്യം ഈ ദൈവം ഭാഗ്യം വിധി എന്നൊക്കെ പറയുന്നതും പുനർജന്മസിദ്ധാവുന്നതനുസരിച്ച് പൂർണ്ണജന്മത്തിൽ പ്രത്യേക കർമ്മങ്ങളുടെ ഫലമാണ് അപ്പൊ അതും പൗരുഷമില്ല അങ്ങനെ മനസ്സിലാക്കാം ഇന്നലെ ചെയ്ത ധർമ്മങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ധർമ്മങ്ങളാണ് ഇന്ന് വാസനയായും സംസ്കാരമായും അതാ നിൽക്കുന്നത് അതാണ് തസ്മാത്രാ പൗരുഷ ദൈവം നമ്മുടെ അല്ലാതെ ദൈവം എന്ന് വേറൊന്നില്ല അതുകൊണ്ട് ആ ദൈവത്തെ ദൂരധാര ദൂരവലിച്ചെറിയാണ് എന്നിട്ട് സാധുസംഗം സത്ശാസ്ത്രയും ജീവൻ ജീവൻ ബലി സാധുസംഗമ സടക്കിടയ്ക്ക് വരുമ്പോൾ എനിക്ക് പറയാതിരിക്കാനും പറ്റും സശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ ദൃഷ്ട അസത്ശാസ്ത്രമാണ് പഴയകാലത്ത് ജീവിച്ചിരിക്കുന്നതൊക്കെ ഇന്ന് അസംബന്ധങ്ങളാണ് ജീവൻ കുത്താരെയും എന്താ ജീവനെ നമ്മൾ എന്താണ് സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിനനുസരിച്ച് പോകും ഇന്നത്തെ നീതിക്കനുസരിച്ച് പോകും ഇന്നത്തെ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കൂ എന്നാൽ മാത്രമേ ജീവന് ഈ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഇതിനനുസരിക്കണം പറയുന്നു അപ്പൊ ഇവിടെ പറയുന്ന ഒരു പ്രത്യേകത ഇവിടെ ഈ ദൈവമെന്ന് പറഞ്ഞ് ഇതുവരെ നിഷേധിച്ചതും പുരുഷപ്രയത്നം തന്നെയാണ് എന്ന് വെച്ചാൽ പൂർവ്വജന്മങ്ങളിൽ മനുഷ്യർ ചെയ്ത ആ കർമ്മങ്ങൾ അതിന്റെ ഫലത്തെടുന്ന് നമ്മൾ ഭാഗ്യമെന്നും വിധിയൊന്നും ദൈവമൊന്നും എല്ലാം പറയുന്നത് അങ്ങനെയാണെങ്കിലും അതിനുപേക്ഷിക്കണം അതൊരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ അധ്യായം മുഴുവൻ ഈ രീതിയിൽ പോകും അതെന്താണ് തുടർന്നുവരുന്ന അവസ്ഥ